നിങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അവരെ കുറച്ചുപേരായി അവൻ കാണിച്ച സമയം നിങ്ങളുടെ കണ്ണുകളിൽ അവരെ കുറച്ചുപേരായും അവരുടെ കണ്ണുകളിൽ നിങ്ങളെ കുറച്ചുപേരായും അവൻ കാണിച്ചു നടപ്പിലാക്കപ്പെടേണ്ട ഒരു കാര്യം അല്ലാഹു സുബഹാനഹൂവറ്റ ആലാ നിർവഹിക്കുന്നതിനാണിത് സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബഹാനഹൂവറ്റ ആലാവിലേക്ക് തന്നെ മടങ്ങുന്നു